െ പ്രിയപ്പെട്ടവര് സത്യമറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന ദൈവോചനം നമ്മൾ കുറിവാക്യമായിട്ടെടുത്ത് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള പല സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ ആ കൂട്ടത്തില് ദൈവത്വം എന്ന കാര്യം ദൈവം ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതകൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ത്രിയേകത്വം എന്ന വിഷയത്തെക്കുറിച്ച് പറയുകയായിരുന്നു ത്രിയേകത്വത്തിൻ്റെ ആ അത് ആ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞയാഴ്ച പറഞ്ഞു എന്നാൽ ഈ ത്രിയേകത്വം എന്ന് ബൈബിള് മുന്നോട്ട് വെക്കുന്ന ഈ സത്യത്തെ തുടക്കം മുതൽ തന്നെ തമസ്കരിക്കാനും അതിനെ നിഷേധിക്കാനും പിശാജ് പല കൊണ്ടുവന്നു അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതായത് അപ്പൊസന്മാരിൽ ഒരാളായി യോഹന്നാൻ താൻ കടന്നു പോകുന്നതിന് തന്നെ എഴുതി തൊണ്ണൂറ്റി അഞ്ചിലോ മറ്റോ ആണ് അദ്ദേഹം ആ നിലയിൽ അന്തരിക്കുന്നത് അതിന് അതിനു മുമ്പ് തന്നെ ഈ നിലയിലുള്ള തൃത്വത്തിലെ വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകളെ നിഷേധിക്കുന്ന പല ചിന്തകളും ഉരുത്തിരിഞ്ഞു വന്നിരുന്നു ആ കൂട്ടത്തിൽ ഒരെണ്ണമാണ് നോസ്റ്റിക് ചിന്താഗതി എന്ന് നമ്മൾ കാണുന്നത് അതായത് അതൊരു ജ്ഞാനതത്വമാണ് ഗ്രീക്കുകാര് ആ കാലഘട്ടത്തിലെ വളരെ ജ്ഞാനത്തിൻ്റെയും ഒക്കെ ആളുകളായിട്ട് ഇരുന്നിരുന്ന ആളുകൾ അവരുടെ അവരെ മനസ്സിലാക്കിയ ക്രിസ്തീയതയിലേക്ക് അവരുടെ ചിന്തകളെ അവർ കൊണ്ടുവന്ന് സന്വേഷിപ്പിച്ചപ്പോൾ അവർ ചില കാര്യങ്ങൾ പറയാനായിട്ടിടയായി അതായത് ദൈവം പറയുന്നത് ഒരു ആത്മാവാണ് ആത്മാവ് നന്മയുടെ മാത്രം ഇരിപ്പിടമാണ് അങ്ങനെ നന്മയുടെ കേ കേദാരമായ ആത്മാവിന് ഒരിക്കലും തിന്മയായ ഒരു വസ്തുവിൽ വന്ന് വന്ന് ആ നിലയിൽ വന്ന് താതാൽമ്യപ്പെടാനായിട്ട് കഴിയുകയില്ല അവരുടെ കാഴ്ചപ്പാടിൽ ആ ദൈവം ആത്മാവാണ് അതേസമയം ഈ മാറ്റർ അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്നത് തിന്മയായ കാര്യമാണ് അതുകൊണ്ട് നന്മയായ ദൈവത്തിനൊരിക്കലും തിന്മയായ മാറ്ററിൽ ായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് യേശു ജഡത്തിൽ വന്നു എന്നൊക്കെ ഉള്ളത് ഒരു തോന്നലും ഒരു മായാക്കാഴ്ചയുമാണ് ദൈവം അങ്ങനെ ഒരു ജഡത്തിൽ വരാനായിട്ട് കഴിയുകയില്ല എന്ന ഉള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ ജ്ഞാനതത്വവാദികളുടേത് നോസ്റ്റിക്കുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഇവർക്കെതിരെ യോഹനൻ തന്നെ അന്ന് വളരെ വളരെ കർശനമായിട്ട് നിലപാടുകൾ എടുത്തിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷമാകട്ടെ യോഹന്നാൻ്റെ ലേഖനങ്ങളാകട്ടെ അതൊക്കെയും ഈ ജ്ഞാനതത്വവാദികളെ മുന്നോട്ട് വെക്കുന്ന യേശുവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന ആ കാഴ്ചപ്പാടിനെതിരെ വളരെ ശക്തമായ നിലപാട് യോഹന്നാൻ എടുത്തിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമുക്കത് കാണാം തന്നെ വചനം ജഡമായി വചനം ജഡമായി നമ്മളുടെ ഇടയിൽ പാർത്തു അവൻ്റെ തേജസ് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടു എന്ന് താൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നിയോഹന ഒന്നാമധ്യായം അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കണ്ടതും എന്ന് പറഞ്ഞ് താന് ഒരു ദൃക്സാക്ഷിയായിട്ട് വരികയാണ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കണ്ടോ അതിന് കൊടുക്കുന്ന ഊന്നൽ കണ്ടോ ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം അത് കേവലം ഒരു മായാക്കാഴ്ചയല്ലായിരുന്നു യേശുവിൻ്റെ മനുഷ്യത്വം ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാകട്ടെ യോഹന്നാൻ്റെ ലേഖനങ്ങളിലാകട്ടെ അങ്ങനെയൊക്കെ യോഹന്നാൻ പറയുമ്പോൾ അത് അന്നുണ്ടായിരുന്ന നോസ്റ്റിസത്തിനെതിരെ ജ്ഞാനതത്വവാദികളുടെ ചിന്തയ്ക്കെതിരെ നോസ്റ്റിക്കുകളുടെ യേശുവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന കാഴ്ചപ്പാടിനെതിരെയുള്ള ശക്തമായ നിലപാടുകളായിരുന്നു നമുക്കറിയാം യോഹനേക്കാളും ഒരു മുപ്പത് വർഷം മുമ്പെങ്കിലും രക്തസാക്ഷിയായിട്ട് പൗലോസ കടന്നുപോയി എങ്കിലും പൗലോസും താൻ നോസിസത്തിനെതിരെ വളരെ ശക്തമായ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടക്കം പൗലോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പൗലോസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു കൊലോസിയർക്ക് എഴുതിയ ലേഖന രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം പൗലോസിൻ്റെ വാക്യം നോക്കുക അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അപ്പോൾ യേശുവിൽ ദൈവത്വം യേശുവിൻ്റെ ജഡത്തിൽ യേശു ഭൂമിയിൽ വന്നപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് പറയുമ്പോൾ ആത്മാവായ ദൈവത്തിന് ഒരിക്കലും ഒരു മാറ്ററിൽ വരാനായിട്ട് കഴിയുകയില്ല എന്ന നോസ്റ്റിക് ചിന്താഗതിക്ക് ശക്തമായ ഒരു താക്കീതും ആഘാതവുമാണ് പൗലോസും നൽകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു അതുകൂടാതെ ഏഴി ഇരുന്നൂറൊക്കെ ആയപ്പോൾ സെബല്യസ് എന്ന് പറഞ്ഞ ഒരു ചിന്തകൻ താൻ ക്രിസ്തീയതയിൽ ദൈവം ഒരുവനേ ഉള്ളു ത്രീ നിഷേധിക്കുന്നു ദൈവം ഒരുവനാണ് ആ ദൈവം തന്നെ പല കാലഘട്ടത്തിൽ പല വേഷങ്ങളിൽ വന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ദൈവം ഒരുവനാണ് പഴയ നിയമത്തിൽ ആ ദൈവത്തെ പിതാവെന്നറിയപ്പെടുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ വന്നപ്പോൾ പുത്രനായിട്ട് പ്രവർത്തിച്ചു പെന്തകോസ്തു നാള് മുതൽ പരിശുദ്ധാത്മാവായിട്ട് പ്രവർത്തിക്കുന്നു ദൈവം ഈ മൂന്നാളത്വങ്ങളുണ്ടെന്നുള്ളതിനെ അദ്ദേഹം നിഷേധിക്കുന്നു ഒരൊറ്റ ദൈവമാണുള്ളത് ദൈവം പഴയ നിയമത്തിൽ പിതാവായും ഭൂമിയിൽ വന്നപ്പോൾ പുത്രനായും എന്തക്കോർസ് നാൾ മുതൽ പരിശുദ്ധാത്മാവായും ആണ് ഉള്ളത് അങ്ങനെ മൂന്നാളത്വങ്ങളെ നിഷേധിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരാള് ഒരു നാടകത്തിൽ പല വേഷങ്ങളിൽ ദൈവത്തെ കാണുന്ന ഈ കാഴ്ചപ്പാട് ഇന്ന് ഈ സെബല്യനിസം അത് തെറ്റാണെന്നന്ന് സഭാപിതാക്കന്മാരെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് അത് ദുരുപദേശമാണെന്ന് തള്ളിക്കളഞ്ഞതാണ് പക്ഷേ ഇന്ന് അത് പല നിലകളിൽ ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഈ ചിന്ത വരുന്നുണ്ട് ദൈവം പഴയ നിയമത്തിലെ പിതാവായിരുന്നു പുത്രനായി പിന്നെ ഇന്ന് പരിശുദ്ധാത്മാവാണ് ഈ നിലയിലുള്ള കാഴ്ചപ്പാട് ഇതിനാണ് സെബല്യനിസം എന്ന് പറയുന്നത് അതും ഇത് സംബന്ധിച്ച സംബന്ധിച്ച ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് അതുപോലെ തന്നെ അരിയൂസിൻ്റെ അരിയൂസ് സെബല്യസ് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരാളായിരുന്നു ചിന്തകനായിരുന്നു അരിയൂസ് അദ്ദേഹവും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ എഴുന്നേറ്റ ഒരാളാണ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ പുത്രന് ആസ്തിക്യം ഇല്ലാത്ത പുത്രൻ നിലനിലില്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുവച്ചാൽ പുത്രൻ്റെ ആളത്വത്തെ നിഷേധിക്കുന്ന ഒന്നാണ് പിതാവ് ഉണ്ടായിരുന്നു പുത്രനെന്ന് പറയുന്നത് ഒരു കുട്ടി ദൈവമായിരുന്നു പുത്രൻ അസ്ഥിക്കുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് ശേഷം പുത്രനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് അരിയൂസിൻ്റെ ഉപദേശം ഈ അരിയൂസിൻ്റെ കാഴ്ചപ്പാടും വേദവിപരീതമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയപ്പെട്ടതാണ് തള്ളിക്കളയപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു നോസ്റ്റിക് ചിന്താഗതി സെബല്യനിസം അരിയൂസിൻ്റെ ഉപദേശം അതുപോലെ ബഹുദൈവത്വത്തെക്കുറിച്ച് ട്രൈത്തെയ്സം എന്ന് പറഞ്ഞ് അതായത് മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളായിരുന്നു പിതാവ് വലിയ ദൈവം പുത്രൻ കുറച്ചുകൂടെ ചില താഴ്ന്ന ഒരു ദൈവം പരിശുദ്ധാത്മാവ് കുറച്ചുകൂടെ താണത് ഇങ്ങനെയുള്ള മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളാണ് ഈ ക്രിസ്ത്യാനികളുടേത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇതെല്ലാം ദുരുപദേശങ്ങളാണ് ഈ ദുരുപദേശങ്ങളെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്തു എന്നിട്ട് ത്രിയേകത്വം എന്ന ഉപദേശമാണ് ബൈബിള് സമഗ്രമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലും പിതാവുണ്ട് അവിടെ പുത്രനായി യേശു ദൂതനായിട്ട് വെളിപ്പെടുന്ന രംഗങ്ങളുണ്ട് പരിശുദ്ധാത്മാവ് മേൽ വന്ന് പ്രവർത്തിച്ച രംഗങ്ങളുണ്ട് അല്ലാതെ പഴയ നിയമത്തെ പിതാവ് മാത്രമല്ല പുതിയ നിയമത്തിൽ വരുമ്പോൾ പുത്രൻ മാത്രമല്ല പുത്രൻ സ്നാനപ്പെടുന്ന രംഗം നമ്മൾ കഴിഞ്ഞയാഴ്ച ചിന്തിച്ചു അവിടെ പിതാവുമുണ്ട് പരിശുദ്ധാത്മാവുമുണ്ട് പുത്രനുമുണ്ട് അതുപോലെ ക്രൂശിൽ കിടന്ന് പുത്രൻ പിതാവിനോട് പറയുന്നു പിതാവിൻ്റെ കയ്യിൽ ആത്മാവിനെ ഏൽപ്പിക്കുന്നു അങ്ങനെയൊക്കെ ഒന്നിലേറെ വ്യക്തിത്വങ്ങളുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇങ്ങനെ ബൈബിളിനെ സമഗ്രമായി നോക്കിയിട്ട് ത്രിയേകത്വം എന്നുള്ള ആശയം ആദ്യമായിട്ട് എ ഡി നൂറ്റി എൺപത്തിയൊന്നിൽ തിയോഫിലിയോസ് എന്നു പറയുന്ന സഭാപിതാവ് ട്രിയാസ് എന്നൊരു ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നു എ ഡി ഇരുന്നൂറ്റി ഇരുപതിൽ പറയുന്ന സഭാപിതാവ് ട്രിനിറ്റാസ് എന്നൊരു ലാറ്റിൻ പദം ഉപയോഗിക്കുന്നു ഇതിൽ നിന്നെല്ലാമാണ് ട്രിനിറ്റി എന്നുള്ളത് ഉരുതിരിഞ്ഞു വന്നത് അത്താനാസിയോസ് എന്ന് പറയുന്ന സഭാപിതാവും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അരിയൂസിൻ്റെ തെറ്റായ പഠിപ്പിക്കലുകളെയൊക്കെ കണ്ണിച്ച് ത്രിയേകത്വത്തെ ശരിവെക്കുന്നു ചുരുക്കത്തിൽ എ ഡി മുന്നൂറ്റി ഇതെല്ലാം പഠിച്ചതിന് ഇതെല്ലാം ചിന്തിച്ച് ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന ത്രീ എന്ന് പറഞ്ഞാൽ ദൈവം മൂന്ന് വ്യക്തികളാണ് എന്നാൽ സാരാംശത്തിൽ ദൈവത്വത്തിൽ സത്തയിൽ ഒന്നാണ് എന്നുള്ള ആ ത്രീകത്വം അതാണ് ബൈബിളിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് അതാണ് ആ നിലയിലെ ദൈവികമായ സത്യം എന്ന് പ്രഖ്യാപിക്കുന്നു അതിന് മുമ്പുണ്ടായിരുന്ന നമ്മൾ ഈ പറഞ്ഞ തെറ്റായ പഠിപ്പിക്കലുകളൊക്കെ നോസ്റ്റിക്കുകളുടെ ചിന്താഗതി അതുപോലെ തന്നെ സെബല്യസിൻ്റെ ചിന്താഗതി അരിയൂസിൻ്റെ ചിന്താഗതി ട്രൈ എന്ന് പറഞ്ഞ ബഹുദൈവത്വവാദം ഇതൊന്നും വേദപുസ്തകത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ത്രിയേകത്വം നമ്മൾ പറഞ്ഞതുപോലെ ദൈവം മൂന്ന് വ്യക്തികളാണ് എന്നാൽ സാരാംശത്തിൽ ദൈവത്വത്തിൽ സത്തയിൽ ഒന്നാണ് എന്നുള്ള ആ ത്രീയേകത്വ വിശ്വാസമാണ് ബൈബിള് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് അതിനെതിരെ തെറ്റായ പല നിലയിൽ ആളുകളെ തെറ്റിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങളുണ്ട് നമ്മൾ ഇതിനെതിരെ ജാഗ്രതയുള്ളവരായിട്ട് ആയിരിക്കണം പ്രിയപ്പെട്ടവർ തൃത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേശക്കാരായ പല സഭകൾ ഇന്ന് നമുക്ക് കാണാനേ കഴിയും ക്രിസ്തീയ ലോകത്തുണ്ട് യഹോവാസാക്ഷികൾ എന്ന് പറയുന്നവർ പഴയ അരിയൂസിൻ്റെ ആധുനിക കാലത്തെ അനുഗാമികളാണ് എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയും കാരണം അവരെ പറയുന്നത് പിതാവിൻ്റെ പുത്രൻ മാത്രമാണ് യേശു അല്ലാതെ യേശു ആ നിലയിൽ പിതാവിന് തുല്യനായ ഒരാളല്ല പിതാവ് യഹോവ മാത്രമാണ് ദൈവം പിതാവിൻ്റെ പുത്രനാണ് യേശു യേശു പിന്നീട് സൃഷ്ടിക്കും സൃഷ്ടാവിനും ഇടയ്ക്കുള്ള ഒരു സ്ഥാനം മാത്രമാണ് യേശുവിനുള്ളത് യേശു പിന്നീട് സൃഷ്ടികളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ പിതാവിന് തുല്യനല്ല എന്ന് പറയുന്ന പുത്ര മാത്രമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പഴയ നമ്മൾ നേരത്തെ പറഞ്ഞ അരിയൂസിൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെ പിന്തുടർച്ചക്കാരാണവർ ഇത് ഇന്ന് യഹോവ സാക്ഷികൾ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കത്തക്കവണ്ണം അവർ വന്ന് വീടുകളിൽ വന്ന് തൃത്വം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഏകസത്യ ദൈവമേ ഉള്ളൂ പിതാവാണ് ദൈവം യഹോവയാണ് ദൈവം യഹോവയുടെ പുത്രൻ മാത്രമാണ് യേശു പിതാവ് പുത്രനാണല്ലോ പറയുന്നത് അപ്പോൾ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതമായിട്ട് സംസാരിച്ച ആളുകളെ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ വാദഗതികൾക്ക് ഖണ്ണിക്കാൻ ധാരാളം കാര്യങ്ങൾ നമുക്ക് ബൈബിളിലുണ്ട് ഉദാഹരണത്തിന് നമ്മളെ യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ നേരത്തെയും പലവട്ടം പറഞ്ഞല്ലോ അവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം വേട് എന്നവിടെ പറയുന്നത് യേശുവിനെയാണ് എന്ന് യോഹന്നാൻ ഒന്നിൻ്റെ പകുന്നാലിൽ നിന്ന് വ്യക്തമാണ് ആ വചനം ജഡമായി തീർന്നു ഞങ്ങളവനെ കണ്ടു യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ അത് യേശുവാണ് യേശുവിനെക്കുറിച്ചപ്പോൾ ഇതിനെ ഒന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ വചനമായവൻ ദൈവമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലാതെ യഹോവസാക്ഷികൾ പറയുന്നത് പോലെ ദൈവമല്ല ഒരു പുത്രൻ മാത്രമായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് പക്ഷേ ആ അത് നമ്മളങ്ങനെ ബൈബിളിൽ നിന്ന് ആ വാക്യം എടുത്ത് ശരിയായിട്ട് പറയുമ്പോൾ വേണ്ടി അവർ അവരുടെ ബൈബിളിൽ അവരുടെ ട്രാൻസ്ലേഷനിൽ യഹോവസാക്ഷികളുടെ ട്രാൻസ്ലേഷനിൽ വചനം ദൈവമായിരുന്നു എന്നല്ല വചനം ഒരു ദൈവമായിരുന്നു എ ഗോഡ് എന്നാണ് അവരെ മാറ്റിയിട്ടുള്ളത് അങ്ങനെ തെറ്റായിട്ട് ബൈബിൾ വചനങ്ങളെ തങ്ങളുടെ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി അവരെ വിവർത്തനം ചെയ്തു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ സാധാരണ പറയുന്ന ഒരു വാക്യത്തെക്കുറിച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞ് നമ്മളെ യഹോവ സാക്ഷികൾ എന്ന ദുരുപദേശക്കാരെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക അവർ പറയുന്ന മറ്റൊരു വാക്യം എബ്രായർ ഒന്നിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് അവിടെ യേശുവിനെ കുറിച്ച് യേശുവിനെക്കുറിച്ച് പറയുന്നു നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ വാക്യം എടുത്ത് കാണിച്ചിട്ട് പറയുന്നു കണ്ടോ പിതാവ് പറഞ്ഞു ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ പുത്രൻ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ് പിതാവിൻ്റെ പുത്രനാണ് യേശു ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു നമ്മളത് നോക്കുമ്പോൾ ശരിയായിട്ട് നമുക്ക് തോന്നും എന്നാൽ ആ ഭാഗം നമ്മൾ വചനത്തെ വചനത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ അത് കൊട്ടേഷനിലാണ് കൊടുത്തിട്ടുള്ളത് എബ്രാഹർ കിഴതി ലേഖനം ഒന്നിൻ്റെ എന്ന് പറയുന്നത് രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യമാണ് എടുത്തുദ്ധരിച്ചിരിക്കുന്നത് രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു അപ്പോൾ അത് ആ സങ്കീർത്തനം ആ സങ്കീർത്തനം തന്നെ ബൈബിളിൽ ഒന്നാം നൂറ്റാണ്ടിൽ സഭ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ചില ഭാഗങ്ങളെടുത്ത് ഉദ്ധരിച്ച് അവർ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അപ്പോസ്ലെ പ്രവർത്തി നാലാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോസ്ലെ പ്രവൃത്തി നാലാം അധ്യായത്തിൽ അതിൻ്റെ അവിടെ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ നോക്കുക അപ്പോസ്ല പൂർത്തി നാലിൻ്റെ ഇരുപത്തിനാല് മുതൽ അവിടെ അവർ വംശങ്ങൾ വർദ്ധമായി നിരൂപിക്കുന്നതുമെന്ത് ഭൂമിയിലെ ജാ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷക്തിന് ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അറിളിച്ച് ചെയ്തവനെ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കൊട്ടേഷൻ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും അതെവിടെ നിന്നാണ് അതും രണ്ടാം സങ്കീർത്തനത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ രണ്ടാം സങ്കീർത്തനത്തിൽ നീ എൻ്റെ പുത്രൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതേ സങ്കീർത്തനത്തിൽ നിന്ന് ഒന്നാം നൂറ്റാണ്ടിൽ സഭ ഈ ഭാഗം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തൃത്വത്തെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നോക്കുക ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ എന്ന് പറഞ്ഞ് പിതാവിനോട് സമ്പാദന ചെയ്ത് പിതാവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് യേശുവിനെക്കുറിച്ച് അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യവും പരിശുദ്ധദാസനെന്നും യേശു സൗഖ്യമാക്കാൻ തൻ്റെ കൈ നീട്ടുന്ന ദൈവമാണെന്ന് അതിൻ്റെ മുപ്പതാമത്തെ വാക്യവും ഒക്കെ അവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം അവർ പിതാവിനെയും പുത്രനെയും ആ നിലയിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവോജനധൈര്യത്തോടെ പ്രസ്താവിക്കുന്നതുമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ടോ അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി നാലിൻ്റെ ഇരുപത്തി മുതൽ ഇരുപത്തി മുതൽ അതിൻ്റെ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഈ ഭാഗത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പം അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് ഞാൻ പറഞ്ഞത് വളരെ വേഗത്തിൽ പറയാം ഒന്നുകൂടെ ഒന്ന് പറയാം അതായത് എബ്രായർ ഒന്നിൻ്റെ അഞ്ചിൽ നിന്ന് ഈ യഹോവ സാക്ഷികൾ നീ എൻ്റെ പുത്രൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗമെടുക്കുമ്പോൾ തന്നെ അത് രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് രണ്ടാം സങ്കീർത്തനത്തിൽ നിന്ന് വേറൊരു ഉദ്ധരണി ഇതാ ഒന്നാം നൂറ്റാണ്ടിലെ സഭ എടുത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ തൃത്വം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം രണ്ടാം സങ്കീർത്തനം ഒരിക്കലും തൃത്വത്തെ നിഷേധിക്കുന്ന ഒന്നല്ല വേറൊരു കാര്യം പറയാൻ വേണ്ടി ഇബ്രാഹിം ലേഖനകാരൻ എടുത്തുദ്ധരിക്കുന്ന ഒരു കാര്യം വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നീ എൻ്റെ പുത്രൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം എന്താ അത് നിത്യപുത്രത്വത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ യേശു ജഡത്തിൽ വന്നതിനെ വ്യക്തമാക്കാൻ വേണ്ടി നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് വേദപണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് എബ്രായർ ഒന്നിൻ്റെ അഞ്ച് നിത്യപുത്രത്വത്തെ കാണിക്കാനായിട്ട് എബ്രാഹി ലേഖനകാരൻ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു പുത്രൻ്റെ കാണിക്കാനായിട്ട് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു ഉയർപ്പിനെ കാണിക്കാനായിട്ട് ഉദ്ധരിച്ചിരിക്കുന്നു ഏതായാലും നമ്മൾ അതിൻ്റെ ഒറിജിനൽ കോണ്ടസ്റ്റായ സങ്കീർത്തനം രണ്ടിൻ്റെ ഏഴിലേക്ക് പോവുകയും ആ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ പത്രോസും ഒക്കെ ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചത് ആ ഭാഗത്തോടും താരതമ്യം ചെയ്ത് ഈ രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ള മറ്റൊരു ഉദ്ധരണി അപ്പോസിലപ്പവർത്തി നാലിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഉള്ളത് കണ്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ അത് യേശു പുത്രനാണ് പുത്രനെ ജനിപ്പിച്ചു എന്ന് പറയുന്നത് ആ ആളത്വത്തെ കുറച്ച് കാണാൻ വേണ്ടിയല്ല മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേകത്വത്തെ അപ്പോ സ്ഥലപ്രവൃത്തി നാലാമധ്യായത്തിൽ കൂടുതൽ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നതാണ് ഈ കാര്യം യഹോവ സാക്ഷികളുടെ കാഴ്ചപ്പാടിനെ അവരുടെ ആർഗ്യുമെൻറ്റിനെ മൊത്തത്തിൽ തള്ളിക്കളയുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ ഈ യഹോവാസാക്ഷികളെ പോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് യേശുനാമക്കാർ യേശുനാമക്കാരൻ തൃത്വത്തെ നിഷേധിക്കുന്നു പിതാവായിട്ട് വന്നിരിക്കുന്നതും പരിശുദ്ധാത്മാവായി വന്നിരിക്കുന്നതും യേശു തന്നെയാണ് ഇന്ന് യേശു മാത്രമാണ് ദൈവം എന്ന് സമർത്ഥിക്കുന്നു പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അസ്തിത്വത്തെ അവർ തള്ളിക്കളയുന്നു ഇതിനായിട്ട് അവർ പല വാക്യങ്ങളെടുത്ത് ഉദ്ധരിക്കും യോഹന്യാൻ്റെ ലേ സുവിശേഷം പത്തിൻ്റെ മുപ്പത് അവിടെ യേശു പറയുന്നു ഞാനും പിതാവും ഒന്ന് അപ്പോൾ പിതാവെന്ന് പറയുന്നത് യേശു തന്നെയാണ് എന്നവർ പറയുന്നു അതുപോലെ യോഹന്നാൻ പതിനാലിൻ്റെ ഒമ്പതിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യേശു പറയുന്നു അപ്പോൾ പിതാവ് വേറെയില്ല യേശു തന്നെയാണ് പിതാവ് യോഹനാൻ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്ന് നാം ഒന്നായിരിക്കുന്നത് അവരും ഒന്നാകേണ്ടതിന് എന്ന് യേശു അവിടെ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പിതാവും പുത്രനും ഒന്നാണ് അല്ലാതെ പിതാവ്ന്ന് വേറൊന്നില്ല എന്നൊക്കെ അവരെ ഈ മൂന്ന് വാക്യങ്ങളാണ് പ്രധാനമായിട്ട് യേശുനാമക്കാരെ എടുത്ത് ഉദ്ധരിക്കുന്നത് ഇതിന് മറുപടിയായിട്ട് നമുക്ക് എന്താ പറയാനൊക്കുന്നത് ഇങ്ങനെ മൂന്ന് വാക്യങ്ങൾ യേശു ഭൂമിയിൽ പിതാവിനേക്കാളും ആ നിലയിൽ പിതാവിൽ നിന്ന് ഒരു നിയോഗം ലഭിച്ച് ആ നിലയിൽ രക്ഷാകര പ്രവർത്തി ചെയ്യാനായിട്ട് വന്നപ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ ഈ നിലയിൽ പിതാവും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിലത് പറഞ്ഞിരിക്കുന്നതെങ്കിലും തൻ്റെ മനുഷ്യത്വത്തിൽ താന് തനനും പിതാവും ഒന്നാണ് പിതാവ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി ആ ഒരു ഉറപ്പിനു വേണ്ടി ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഞാനും പിതാവും ഒന്ന് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു നാം ഒന്നാണ് എന്നുള്ളതൊക്കെ എന്നാൽ അതേസമയം അങ്ങനല്ലാത്ത വാക്യങ്ങളും യേശു പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് യോഹനാൻ പതിനാലിൻ്റെ പതിനാറ് നോക്കുക അവിടെ യേശു പറയുന്നു ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ മറ്റൊരു കാര്യസ്ഥനെ അതായത് പരിശുദ്ധാത്മാവിനെ അയക്കും കണ്ടോ അപ്പം യോഹന്ന പതിനാല് പതിനാറിൽ എത്ര പേരുണ്ട് ഞാനുണ്ട് അതായത് പുത്രനുണ്ട് പിതാവിനോട് ചോദിക്കും അപ്പം പിതാവുണ്ട് മറ്റൊരാളത്വമായിട്ടുണ്ട് പിതാവ് മറ്റൊരു കാര്യസ്ഥൻ മൂന്നാമതൊരാളത്വം അതായത് പരിശുദ്ധാത്മാവിനെ അയക്കും അപ്പം മൂന്നാളത്വങ്ങൾ ഉണ്ടെന്ന് യേശു തന്നെ യോഹ ഞാൻ പതിനാല് പതിനാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാക്യങ്ങളെയൊക്കെ തമസ്കരിച്ചാണ് അവർക്ക് വേണ്ട ചില വാക്യങ്ങളെടുത്ത് അവരെ യേശു നാമക്കാരെ മാത്രമേ ഉള്ളൂ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അസ്തിത്വം അവർ നിഷേധിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ യേശുവിൻ്റെ സ്നാനക്കടവില് ഈ മൂന്ന് ആളത്വങ്ങളും ആ നിലയിൽ അവരുടെ സാന്നിധ്യം നമ്മൾ കാണുന്നു ഇതിനെയൊക്കെ നിഷേധിച്ചു കൊണ്ടാണ് യഹോവസാക്ഷികളാകട്ടെ യേശുനാമക്കാരാകട്ടെ തൃത്വത്തെ നിഷേധിക്കുന്നത് നമ്മളതിനെക്കുറിച്ച് ഒരു ബോധ്യമുള്ളവരായിട്ട് ആയിരിക്കണം അവരാരെങ്കിലും വീടുകളിൽ വന്ന് അവരുടെ ഉപദേശം പറഞ്ഞാലും നമ്മൾ അത് സ്വീകരിക്കാതെ ദൈവവചന സത്യങ്ങളിൽ നിൽക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ത്രിയേകത്വം എന്ന സത്യത്തിനെതിരെ ഇന്ന് നിൽക്കുന്ന രണ്ട് കൂട്ടരെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു യഹോവ സാക്ഷികൾ യേശുനാമക്കാർ എന്നൊക്കെയുള്ള ആളുകളെക്കുറിച്ച് പറയുകയായിരുന്നു എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഈ തുടക്കത്തിലും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ പേര് ഈ യഹോവാസാക്ഷികളും യേശുനാമക്കാരും അല്ലാതെ തൃത്വത്തെ നിഷേധിച്ച് പല പേരുകളിൽ രംഗത്ത് വരാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സെബല്യനിസം അതായത് ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിൽ പിതാവായിട്ടും പുതിയ നിയമത്തിൽ പുത്രനായിട്ടും പെന്തകോസ്തു നാളു മുതലേ പരിശുദ്ധാത്മാവായിട്ടും മൂന്ന് വേഷങ്ങളിൽ മൂന്ന് മോഡലുകളെ പോലെ അവർ പ്രത്യക്ഷപ്പെട്ടതാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിൽ ഒരൊറ്റ ദൈവമാണ് ഉള്ളത് ഒരൊറ്റ ഒരാളത്വം മാത്രമേ ഉള്ളൂ ഒറ്റ വ്യക്തിത്വം മാത്രമേ ഉള്ളൂ ആ വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല വേഷത്തിൽ പല കാലഘട്ടത്തിൽ വന്നതാണ് ഇത് മോഡലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദുരുപദേശമാണ് ഈ മോഡലിസത്തിൻ്റെ വക്താക്കളായിട്ട് ഇന്ന് കൊറിയയിൽ ചർച്ച് ഓഫ് ഹാസോങ് എന്ന് പറഞ്ഞ് വളരെ ആ നിലയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുരുപദേശ ആ നിലയിലുള്ളൊരു സഭയുണ്ട് അവരെ സത്യത്തിൽ അവരുടെ ഉപദേശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് ഈ സെവല്യനിസം തന്നെയാണ് അവർ പറയുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതെന്ന് പറയുന്നത് വെള്ളം പോലെയാണ് വെള്ളത്തിൻ്റെ അതിൻ്റെ സ്വഭാവം എന്താ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും എച്ച് എന്നാൽ ഈ വെള്ളം എന്തു ചെയ്യും വെള്ളം സാധാരണ ടെമ്പറേച്ചറിൽ വെള്ളമായിട്ട് നിൽക്കും എന്നാൽ തണുപ്പിക്കുമ്പോൾ അതുതന്നെ ഐസായിട്ട് മാറും അത് ചൂടാക്കുമ്പം അതുതന്നെ ആവിയായി മാറും എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമ കാലഘട്ടത്തിൽ വെള്ളം പോലെ എന്നാൽ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് എച്ച് ആണ് ദൈവം തന്നെയാണ് ഒരൊറ്റയാൾ മൂന്ന് കാലഘട്ടങ്ങളിൽ മൂന്ന് വേഷത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ വെള്ളം പോലെ പിതാവായിട്ടും എന്നിട്ട് യേശു ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ ആ നിലയിലൊരു ഐസ് പോലെ ആ വെള്ളത്തിന് തന്നെ മാറ്റം സംഭവിച്ച് ഐസിന് തുല്യമായിട്ട് യേശുവിൻ്റെ ഭൂമിയിലെ പ്രവർത്തനങ്ങളെ അവർ ആ നിലയിൽ ചിത്രീകരിക്കുന്നു ഇന്ന് എന്താ ഇന്ന് അത് ആ വെള്ളം ആവി ആയപ്പോൾ ആ നിലയിൽ പരിശുദ്ധാത്മാവായിട്ട് ഇന്നുണ്ട് പരിശുദ്ധാത്മാവ് മാത്രമേ ഇന്നുള്ളൂ ആ നിലയിൽ ഒരൊറ്റ ദൈവത്തിൻ്റെ തന്നെ മൂന്ന് കാലഘട്ടങ്ങളിലെ മൂന്ന് പ്രത്യക്ഷതകളായിട്ട് ഈ പറഞ്ഞ കൊറിയയിലുള്ള ഈ ദുരുപദേശ സഭ വളരെ ശക്തമായിട്ട് ലോകമെങ്ങും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും വണ്ണസ് എന്ന് പറയുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ അതിൻ്റെ മൂന്ന് പ്രത്യക്ഷതകളാണ് എന്നൊക്കെ പറയുന്ന ഇതെല്ലാം പഴയ സെബല്യനിസത്തിൻ്റെ തന്നെ വേഷം മാറിയുള്ള എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെന്താ എന്താ നമ്മളെ വിശ്വസിക്കുന്നത് എന്താ ഇത് നമ്മളിത് ഇവർ ഈ നിലയിൽ പറയുമ്പോൾ ഇത് ശരിയായിട്ട് തോന്നും ഒരാളേ ഉള്ളൂ മൂന്ന് വേഷത്തിൽ വരുന്നു ഒരൊറ്റ ദൈവം എന്ന് പറയുമ്പോൾ അതാണല്ലോ ശരി എന്ന് തോന്നും പക്ഷേ ബൈബിള് സമഗ്രമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ തന്നെ നമ്മൾ ഉൽപ്പത്തിയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിനെ പറയുന്നു ദൈവം എന്ന വാക്ക് ഏലോഹീൻ എന്ന പ്ലൂറലാണ് എന്നിട്ട് ആ നിലയിലുള്ള മൂന്ന് വ്യക്തിത്വങ്ങളെ നമ്മൾ പഴയ നിയമത്തിൽ തന്നെ പിതാവായിട്ടും പുത്രൻ ചിലംഗങ്ങളിൽ ദൂതനായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും പരിശുദ്ധാൽമാവ് ഏലിയാവിൻ്റെ മേലുള്ളതിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിശയുടെ മേൽ വന്നു അല്ലെങ്കിൽ ശിംശോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാതെ എന്തൊക്കെ നാളിന് ശേഷമല്ല അതുപോലെ തന്നെ പുത്രനുള്ളപ്പം അവിടെ നമ്മൾ മുമ്പേ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം ഉണ്ട് എന്നുമാത്രമല്ല യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറ് നമ്മൾ പറഞ്ഞു യേശു തന്നെ പറയുന്നു ഞാന് പിതാവിനോട് ചോദിക്കും പിതാവ് മറ്റൊരു കാര്യസ്ഥനെ അയക്കും അപ്പം മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ളത് ബൈബിള് സമഗ്രമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഈ മൂന്ന് പേരും നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു ദുരുപദേശം പോലെ ബഹുദൈവത്വമല്ല ട്രൈത്തെയ്സമല്ല മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളല്ല ഒന്നുകൂടെ ആ കാര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ട് വരണം ദൈവമെന്ന് പറയുന്നത് മൂന്ന് വ്യക്തികളാണ് എന്നാൽ സാരാംശത്തിൽ ദൈവത്വത്തിൽ അതിൻ്റെ സത്തയിൽ ഒന്നാണ് പിതാവ് ഒരു ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ ഇവർ മൂന്ന് പേരും മൂന്ന് ദൈവങ്ങളല്ല ഇവർ മൂന്ന് പേരും ചേർന്ന് ഏക സത്യ മൂന്ന് പേരും തുല്യരായ ആളുകളാണ് മൂന്ന് പേരും വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് എന്നാൽ സത്തയിൽ ദൈവത്വത്തിൽ ഒരാളാണ് ഏകത്വത്തിലുള്ള ഒരു ബഹുത്വമാണ് ത്രി ഏകത്വം എന്ന് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ നമ്മുടെ ഒരു യുക്തിയല്ല നമ്മൾ ബൈബിള് സമഗ്രമായിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ ത്രി കൊണ്ട് മാത്രമേ നമ്മൾ ബൈബിള് മുന്നോട്ട് വെക്കുന്ന ദൈവത്തെ നമുക്ക് വിശദീകരിക്കാനായിട്ടൊക്കൂ അല്ലെങ്കിൽ ഒരൊറ്റ ദൈവം പല മോഡലിൽ വന്നതാണെന്ന് പറഞ്ഞാൽ ചില രംഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനായിട്ട് ഒക്കുകയില്ല അതുപോലെ തന്നെ ബഹുദൈവത്വം അല്ല നമ്മുടേത് അതുപോലെ ദൈവം യേശു എന്ന് പറയുന്നത് ഒരു സൃഷ്ടി മാത്രമാണ് പിതാവിൻ്റെ തുല്യ സ്ഥാനമില്ല എന്ന് അരിയൂസിൻ്റെ ആ പഴയകാല ദുരുപദേശത്തെ പൊടി തട്ടിയെടുത്ത് ഇന്ന് പലരും ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും ഇതിനാലൊന്നും വഞ്ചിക്കപ്പെട്ടു പോകരുത് അതുപോലെ തന്നെ യഹോവാസാക്ഷികളാകട്ടെ യേശുനാമക്കാരാകട്ടെ വണ്ണസ്സുകാരാകട്ടെ ഇവരൊക്കെ വളരെ സംഘടിതമായിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾ പാവപ്പെട്ട ആളുകളുടെ മേലെ അടിച്ചേൽപ്പിച്ച് അവരെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മളിതിനെതിരെയൊക്കെ ജാഗ്രതയുള്ളവരായിട്ട് ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ തന്നെ ഈ ത്രിയേകത്വം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ വരുന്ന തെറ്റായിട്ടുള്ള ചില ചില പദപ്രയോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ചിലപ്പോൾ ചിലർ പറയുക യേശുവേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ യേശു യേശുവിനോട് പ്രാർത്ഥിക്കുന്നു അത് അതിൽ തന്നെ ഒരു തെറ്റുമില്ല നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് യേശുവിനോട് പലരും പല കാര്യങ്ങളെ അപേക്ഷിക്കുകയും കർത്താവ് അത് നൽകി കൊടുക്കുകയും ചെയ്തു കർത്താവ് കേവലം ഒരു വാക്കിൽ കയറി പിടിക്കുന്ന ആളല്ല എങ്കിലും കൃത്യമായിട്ട് യേശു തന്നെ പഠിപ്പിച്ചത് ആരോട് പ്രാർത്ഥിക്കാനാണ് ഈ മൂന്നാളത്വങ്ങളിൽ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് ആരുടെ നാമത്തിൽ ഈ രണ്ടാമത്തെ ആളത്വമായി യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അപ്പം കണ്ടോ നമ്മൾ ശരിക്കു പറഞ്ഞാൽ ഈ തൃത്വത്തെ നമ്മൾ ഈ മൂന്നാളത്വങ്ങളെയും അവ ചേർന്നുള്ള ഏകസത്യ ദൈവത്തെയും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലെ തെറ്റായ അത്ര ശരിയല്ലാത്ത തിയോളജിക്കലി അത്ര ശരിയല്ലാത്ത പദപ്രയോഗങ്ങൾ മാറിപ്പോകും തിയോളജിക്കലി അത്ര ശരിയല്ലാത്ത പദപ്രയോഗമാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥനയുടെ പിന്നിലുള്ള മനോഭാവത്തെയും ലാളിത്യത്തെയുമാണ് ദൈവം കണക്കെടുന്നത് തീർച്ചയായിട്ടും അല്ലാതെ ദൈവം ഒരു വാക്കേൽ കയറി പിടിച്ച് അതിൻ്റെ തലനാര കയറുന്നവനല്ല യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും കർത്താവും മറുപടി കൊടുത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഇന്ന് ഈ തൃത്വം പഠിച്ചപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാണ് പുത്രൻ്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ചിലരെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുമല്ലോ പിതാവേ പിതാവേ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ എന്ന് പറയും അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ നമ്മളിപ്പോൾ ഈ തൃത്വത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചപ്പോൾ കൃത്യമായിട്ട് അതങ്ങനെയല്ല എന്തല്ല പിതാവല്ല ഭൂമിയിൽ വന്നത് ഈ മൂന്നാളത്വങ്ങളിൽ പുത്രനാണ് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് അപ്പോൾ പിതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ചതിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു എന്നു പറയുമ്പം ഈ തൃത്വത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ഇനിയും അങ്ങനെ പറയുകയില്ല കാര്യം ഭൂമിയിലേക്ക് വന്നത് ഈ ആളത്വത്തിലെ പുത്രനാണ് വന്നത് പുത്രൻ അതുപോലെ തന്നെ ഈ പുത്രൻ എന്നുള്ള പ്രയോഗം വെച്ച് ചിലര് തെറ്റായിട്ട് യഹോവസാക്ഷികളുമൊക്കെ പലരെയും തെറ്റിക്കാറുണ്ട് ആ ഏകജാതനായ പുത്രൻ എന്നുള്ള പ്രയോഗം വെച്ചിട്ട് ഏകജാതനായുള്ള പുത്രൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ അർത്ഥം ഒരു യുണീക്ക് പേഴ്സണാലിറ്റി അതിൻ്റെ ഗ്രീക്ക് പദം നോക്കുമ്പോൾ അനിൻകംപയറബിൾ വൺ സാദൃശ്യമില്ലാത്ത ഒരുവൻ അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറയുന്നത് നിൻ്റെ ഏകജാതനായ പുത്രൻ ഇസാക്ക് ഇസാഖല്ല അബ്രഹാമിൻ്റെ ഏകജാതനായ പുത്രൻ ഇസ്മായേലുണ്ട് കെതുറയിലെ മക്കളുണ്ട് പക്ഷേ ഇസാക്ക് വളരെ യുണീക്കായതുകൊണ്ട് ആ യുണീക്കിനെ കാണിക്കാൻ വേണ്ടിയാണ് ഗ്രീക്കിൽ ആ നിലയിൽ മോണോ എന്ന് പറയുന്ന ഗ്രീക്ക് പദം ഏകജാതനായ പുത്രൻ എന്ന് പറയുന്ന ആ പ്രയോഗം അത് ഗ്രീക്ക് പദമാണ് ആ ഗ്രീക്ക് പദത്തിൻ്റെ ശരിയായ അർത്ഥം വളരെ അതുല്യമായ ഒരു വ്യക്തിത്വമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഏകജാതനായ പുത്രനാണ് അതുകൊണ്ട് യേശു എന്ന് പറയുന്നത് പിതാവ് ജനിപ്പിച്ച ഒരു പുത്രനാണ് പിതാവിൻ്റെ ഒരു സൃഷ്ടിയാണ് ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ അതിൻ്റെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന മോണോഗ് എന്ന ഗ്രീക്ക് പദമാണ് അതൊരു യുണീക്ക് പേഴ്സണാലിറ്റി എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കുന്നിടത്തും അതുപോലെ തന്നെ എബ്രാഹം ലേഖനം പതിനൊന്നിൻ്റെ പതിനേഴ് പതിനെട്ടോ വാക്യങ്ങളിലും ഏകജാതനായ പുത്രൻ പറയുന്നുണ്ട് അത് കാണിക്കുന്നത് തുല്യതയില്ലാത്ത ഒരു വ്യക്തിത്വം എന്നതിനെ കാണിക്കാനുള്ള ഗ്രീക്ക് പദത്തിൻ്റെ തർജമ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറയുന്നു ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരേ നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ് നമ്മൾ ഈ ത്രിയേകത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അതിനെതിരെ എല്ലാ നിലയിലുള്ള പഠിപ്പിക്കലുകളെയും നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത് ഇന്ന് പല നിലയിൽ കേൾവിക്ക് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് വണ്ണസ്സുകാരോ അല്ലെങ്കിൽ യഹോവാസാക്ഷികളോ യേശുനാമക്കാരോ ഒക്കെ തൃത്വോപദേശത്തിൽ നിന്ന് ത്രിയേകത്വത്തിൽ നിന്ന് ത്രിയേകത്വം ഏഹ് ത്രി ഏകത്വം എന്ന് വെച്ചാൽ ദൈവം മൂന്ന് വ്യക്തികൾ എന്നാൽ സാരാംശത്തിൽ ദൈവത്വത്തിൽ സത്തയിൽ ഒന്ന് പിതാവ് പുത്രൻ ദൈവം പരിശുദ്ധാത്മാവ് എന്നാൽ മൂന്ന് ദൈവങ്ങളല്ല ഇവർ മൂന്ന് പേരും ചേർന്ന് ഏകസത്യ ദൈവം ഇതാ ആ ത്രിയേകത്വം ആ സത്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത് ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുണ്ടാവണം നമ്മൾ വളരെ യഥാർത്ഥമായ ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടാണ് നമ്മളും സ്വീകരിച്ചിരിക്കുന്നത് ഈ വചനങ്ങളെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഒക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ